മാതാപിതാക്കളോട് നന്നായി പെരുമാറാൻ മനുഷ്യനോട് നാം ഉപദേശിച്ചു അവൻറെ മാതാവ് അവനെ വളരെ പ്രയാസപ്പെട്ടാണ് ചുമന്നത് രണ്ടു വർഷമാണ് അവൻറെ മുലകുടി നിർത്തുന്ന കാലം അതിനാൽ എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കുക എന്നിലേക്കാണ് മടക്കം